ശ്രോധി പാസാശ സോ സിദ്ധസ് സദാശ്രം ജന്ധ്യമാ സേ ഗുരു സി ഗുരാമത് പദം സ്വന്തം ഗുളാചാര്യ സഗരാചാര്യ സോ ചാശു വലിയ ഉം ഭഗവ <coughs> ഉപസ <coughs> <coughs> സനക്കുമാരം നാരദ അംഭോവാചേനമോപം വക്ഷ്യമീതി സഹോവാച ഓവോദ്ധ്യേമേ യജുവേദം സാമവേദമാധർവണം ചതുർമിതിഹാസപുരാണ പഞ്ചം വേദന വേദം റിത്രിം രാശിം ദിവം നിധിം വാവാ എനം ദിവവിദ്യം ബ്രഹ്മവിദ്യം ബുധവിദ്യം ക്ഷത്രവിദ്യം നക്ഷത്രവിദ്യം ശോചാമേ ഭഗവാൻ ശോകാരയഹോ േക്കിങ് അധ്യഗേദോയജേദസമവേദ ആധ്രുവണച്ചുരാണപഞ്ചമോ േ കാംയാദയാദ്യക്ഷത്രവിദ്യ സർപ്പമേദ യം ഗതം താമചാരോ നമ ബ്രമീത്യപോയ നോഭൂയോതിന് മേ ഭഗവാൻ ബ്രവീത്ത ശ്രുതമാോചാർദ്ധ്യം മാംസാഗര പരമന്ദം ഭഗവാൻ താരയതു ആത്മജ്ഞാനോടു അഭയംഗമയുണ്ടാജ്ഞാനത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയും എന്താണ് പറയുന്നത് ഭഗവത് ദൃശ്യഭ്യോ വിഷ്ണുസ്വദൃശ്യഭ്യ അങ്ങനെ പോലുള്ളവരിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് തരതി അതിക്രമം ദുഃഖത്തെ അതിക്രമിക്കുന്നു ജ്ഞാനം കൊണ്ട് എന്ന് കേട്ടിട്ടുണ്ട് തരതി ശോകം ആത്മാവിധ ഇത് വളരെ പ്രസിദ്ധമായ ഭാഗമാണ് ശോകത്തെ തരണം ചെയ്യുന്നു ക്ഷുകാരൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട് മറ്റു ഭാഗങ്ങളിൽ ഇത് പ്രധാനമായും ശോകത്തെ തരണം ചെയ്യുന്നുള്ളതിന് ദൃഷ്ടാന്തം പറഞ്ഞെന്താണോ ആണ് പക്ഷുകാരൻ പറയും ഒരുവൻ കുടുംബത്തെ ത്യജിച്ചു ഭാര്യ പുത്രാദികളെയൊക്കെ ഉത്തേജിച്ചു മനസ്സുകൊണ്ടേനെ ഉത്തേജിച്ചു തിരിക്കുന്നവന് അവരുടെ വേർപാട് ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല അത് തിരിക്കാൻ കഴിവുള്ളവൻ എന്തുകൊണ്ട് അതിനോടുള്ള ആസക്തി മമത അവൻ ഉപേക്ഷിച്ചുകൊണ്ട് മമതയുണ്ടെങ്കിൽ ദുഃഖം വരും അതുപോലെ ധനം അതേസമയം മറിച്ചാണെങ്കിൽ ഭാര്യപുത്രാദികളോടൊക്കെ ആസക്തിയുള്ളവരാണ് അയാൾക്ക് അതിൻ്റെയൊക്കെ വേർപാടിൽ ദുഃഖം വരും ം പറയുന്ന ധനം ഒരാൾക്ക് ധാരാളം ധനമുണ്ട് ആ ധനത്തിന് നഷ്ടം വന്നു കഴിഞ്ഞാൽ ബിസിനസ്സിലോ മറ്റോ ധനനാശം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ദുഃഖിക്കുന്നു പക്ഷേ പരിപ്രായകൻ ധനത്തെ തേച്ചവും അവനെ സംബന്ധിച്ച് ദുഃഖം വരുന്നില്ല ഇതുകൊണ്ട് അതിന് അവനഭിമാനമില്ല ഇവിടെയാണോ അഭിമാനമുള്ളത് അവിടെ ദുഃഖമുണ്ട് ആത്മബോധം കൊണ്ട് ആത്മഭിന്നമായ സർവത്തിലുള്ള അഭിമാനം നശിക്കുന്നു അഹ മമ്മുള്ള അഭിമാനം നശിക്കുന്നു ദുഃഖ നിവൃത്തിക്കുള്ള ഉപായം അഭിമാനാശമാണോ അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള ദുഃഖ നിവൃത്തി എല്ലാം തത്കാലികം ഈ ദുഃഖ നിവൃത്തിയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത് സാങ്കന്മാരാണ് ദുഃഖത്ര അഭിഖാത ജിജ്ഞാസാത്ത അപക ദുഃഖം കൊണ്ട് മനുഷ്യൻ പീഡിതനാകുന്നു ജീവൻ സ്വാഭാവികമായിട്ടും ഓരോ ദുഃഖത്തെ അയാൾ തിരിച്ചറിയുന്നു അതാണ് ആധ്യാത്മികാതിഭൗതികാതി ദൈവികം എന്ന് പറയുന്നത് എന്നിട്ട് ആ ഓരോ ദുഃഖത്തെയും ഇല്ലാതാക്കുന്നതിന് ഉപായം രോഗം വന്നുകഴിഞ്ഞാൽ രോഗം ഇവിടുത്തേക്കുള്ള സ്വാസ്ഥ്യത്തിനുള്ള വഴികൾ അന്വേഷിക്കുന്നു ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ ആ ദുഃഖം നിവൃത്തി ഉണ്ടാവുന്നു അതുപോലെ മുമ്പ് പറഞ്ഞതുപോലുള്ള ഓരോ നഷ്ടങ്ങൾ ആ നഷ്ടം നികത്താൻ ശ്രമിക്കുന്നു ധനം നഷ്ടപ്പെട്ടാ ധനത്തെ സമ്പാദിക്കാൻ ശ്രമിക്കും അങ്ങനെ ദുഃഖം നിവൃത്തിക്ക് ശ്രമിക്കുന്ന സാധാരണ പക്ഷേ അത് അതുകൊണ്ട് സാധ്യമല്ല ആ ദുഃഖം നിവൃത്തിക്കുള്ള ഉപായമായിട്ടാണ് ശാസ്ത്രങ്ങൾ ഇവിടെ ഈ പറയുന്ന നാരദൻ അങ്ങനെ ഒരാളാണ് ശാസ്ത്രങ്ങളെയൊക്കെ സമീപിച്ചത് ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഓരോ ഉപായങ്ങളെന്ന് ഉദ്ദേശിക്കുന്നു ഇവിടെ പറഞ്ഞത് ഒരാൾക്ക് ശാസ്ത്രജ്ഞാനം അതില്ലാത്തതുകൊണ്ട് ദുഃഖം വരും എനിക്ക് ആ ശാസ്ത്രം അറിയാൻ കഴിഞ്ഞല്ല അപ്പൊ ആ ദുഃഖത്തി ഒഴിവാക്കാൻ ആ ശാസ്ത്രത്തെ ഗ്രഹിച്ചാൽ മതി ദേവവിദ്യ ബ്രഹ്മവിദ്യ ഭൂതവിദ്യ ക്ഷത്രവിദ്യ എന്നെല്ലാം പറയുന്നു പൊറോന്നിൻ്റെ പോരായ്മ ദുഃഖത്തെ ഉണ്ടാക്കും അത് നേടുമ്പോ ആ ദുഃഖത്തെ അതില്ലാതാക്കും ഇവിടെ അതല്ല ആത്മവിത്ത് ആത്മവിത്ത് ദുഃഖത്തെ തരണം ചെയ്യുന്നു ആത്മവിത്ത് എന്താണ് സർവ്വ ദുഃഖങ്ങളെയും തരണം ചെയ്യുന്നു അതിന് പ്രത്യേക ഉപായങ്ങളുടെ ആവശ്യമുണ്ട് ധനനഷ്ടം വന്നു ദുഃഖം വീണ്ടും ധനം സമ്പാദിച്ചാൽ ദുഃഖം പക്ഷെ വീണ്ടും നഷ്ടപ്പെടും ഈ ജന്മത്തിലോ അല്ലെങ്കിൽ വരും ജന്മങ്ങളിലോ ഒക്കെ വീണ്ടും ദുഃഖം വരാം അതുകൊണ്ട് അതൊന്നും ദുഃഖ നിവൃത്തിയുടെ ആത്യന്തിക ഉപായമില്ല മറ്റ് ദുഃഖ നിവൃത്തി ഇവിടുത്തെ ദുഃഖ നിവൃത്തി തമ്മിൽ വ്യത്യാസം ഇവിടെ ആത്മബോധങ്ങളുടെ ദുഃഖ നിവൃത്തിയാണ് മറ്റൊരു സ്ഥലത്തും ദുഃഖ നിവൃത്തിക്ക് ആത്മബോധത്തെ സ്വീകരിക്കുന്നു ഉപായാന്തരങ്ങളെ സ്വീകരിക്കുകയാണ് ആ ഉപായാന്തരങ്ങളും എങ്ങനെയാണ് ദുഃഖം പോലെ തന്നെ ആധ്യാത്മിക ആതിഭൗതികം ആതിദൈവികം തുടങ്ങിയ ദുഃഖം കൊണ്ട് ഉപായവും അങ്ങനെയാണ് ദേവതയെ ഉപാസിക്കുന്നു ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആധ്യാത്മികമായ ശാരീരികവും മാനസികവുമായ ഉപായവും നമ്മൾ സ്വീകരിക്കുന്നു ചെറിയൊരു ദുഃഖം വന്നുകഴിഞ്ഞാൽ ശാരീരികമായ ഉപായങ്ങൾ സ്വീകരിക്കുന്നു ആരോഗ്യ രോഗം ഇല്ലാത്ത ശരീരത്തിന് വേണ്ടി യോഗം അഭ്യസിക്കുന്നു പടയവും പറ്റി സ്വീകരിക്കുന്നു ദുഃഖ നിവൃത്തിയുള്ള ഉപായ മാനസികമായി വലിയ മനസ്സിന് അസ്വസ്ഥാൽ ധ്യാനിക്കുന്നു മാനസികമായ ഉപായം അതൊക്കെ ആധ്യാത്മിക ഇതൊന്നും ആത്യന്തികമായ ദുഃഖനിവൃത്തിക്കുള്ള ആത്മബോധമല്ലാതെ ഇതൊന്നും തന്നെ ഭൗതികമായി വരുന്ന ീത ആതപ്പ ചൂടും തണുപ്പുമെല്ലാം ബുദ്ധിമുട്ടിക്കുമ്പോൾ വീടുണ്ടാക്കുന്നു അതിനകത്തിരിക്കുന്നു ചൂട് കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ എ സി ഇരിക്കുന്നു അതിനകത്തിരിക്കുന്നു ഇതൊക്കെ ദുഃഖം നൃത്തിക്കുള്ള അതിഭൗതികമായ ഇതാണ് ആസ്തികന്മാര് ശ്രദ്ധയുള്ളവർ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ദേവതകളുടെ അനുഗ്രഹമില്ലാത്തതുകൊണ്ടാണ് പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഗ്രഹദേവന്മാരുടെ അനുഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഉടനെ അവരതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപായങ്ങൾ ചെയ്യുന്നു ഇവിടെങ്ങോ ആത്മബോധത്തെ ആശ്രയിക്കുന്നുണ്ട് ആധ്യാത്മികവും ആദിഭൗതികവും ആതിദൈവികവുമായ ദുഃഖങ്ങളിൽ ഇതേ ഉപായങ്ങൾ ആധ്യാത്മികവും ആദിഭൗതികോ ആതിദൈവികമായ ഉപായങ്ങൾ സ്വീകരിക്കുന്നിടത്തൊന്നും ആത്മബോധം ഇവിടെ ആത്മബോധം കൊണ്ട് ആത്മബോധം കൊണ്ട് ഇത് പരിഹരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോ ഇവിടെ ശരിക്കുന്ന ഇന്നതാണ് ആത്മബോധം എന്ന് പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞിട്ടും വിശേഷം കാരണം ഇവിടെ ചോദിക്കുന്ന ആള് ശാസ്ത്രജ്ഞനാണ് വളരെ അധിക ശാസ്ത്രങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഒരുപാട് ശാസ്ത്രങ്ങൾ ആ ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണോ ഈ പറയുന്ന ദുഃഖ എന്നിവിടത്തേക്കുള്ള ഉപായാന്തരങ്ങളാണ് ആധ്യാത്മിക ആദിഭൗതിക ആതിദൈവികം എല്ലാ ഉപായങ്ങളും അറിയാവുന്ന ആളാണ് പക്ഷെ ദുഃഖം നിവൃത്തിയതുകൊണ്ട് സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് സാധനപറയും പാമരനും വിദ്വാനും ഒരുപോലെ തന്നെ ആത്മവിദ്യയെ സംബന്ധിച്ച് രണ്ടുപേരും തമ്മിൽ വ്യത്യാസം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൂഢതയാണ് ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്നതെങ്കിൽ ളെ സംബന്ധിച്ച് അയാളുടെ വിദ്വത്വ അതാണ് തടസ്സമായിരിക്കുന്നത് രണ്ടു ഗുരുപോലെ തടസ്സം ചെയ്യും അപ്പൊ അതുകൊണ്ട് നേരിട്ട് അവരെ അങ്ങോട്ട് നയിക്കാൻ പറ്റത്തില്ല ഉപായങ്ങൾ ഇവിടെ അടുത്ത് ഉപാസനയാണ് നിർദ്ദേശിക്കുന്നത് അങ്ങനെ ഉപാസിക്കുക ധ്യാനിക്കുക ഉപാസന ആത്മബോധം ഉപാസനധ്യാനം അതാണ് കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ചില മനസ്സിൽ സംശയമുണ്ട് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉപാസന എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചെറുപ്പൊ ഈ ദൃഷ്ടാന്തം രാജാവിന്റെ ദൃഷ്ടാന്തം അതാവുന്നത് അപ്പതില് പറയുന്നത് അപരോക്ഷ ജ്ഞാനത്തെക്കുറിച്ച് വന്നു അപരോക്ഷ ജ്ഞാനം നമ്മൾ സാറിന് ധരിച്ചിരിക്കുന്നതുപോലെ ഈ ദൃഷ്ടാന്തത്തിലൂടെ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണോ മനനത്തിലൂടെ അത് അപരോക്ഷത െന്ന് പറുന്നത് സാധാരണ പ്രത്യക്ഷല്ല അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമാക്കിയതാണ് അവിടെയാണ് സംശയപ്പെടുന്നത് ആ അപരോക്ഷത ശ്രവണമന ഇതിഹാസനങ്ങളിലൂടെ ഉള്ള അപരോക്ഷത അത് ഈ ധ്യാനവുമായിട്ട് എന്താ വ്യത്യാസം ഇതാണ് അപ്പോ ഇത് രണ്ടും കൂടി ആശയക്കുഴപ്പം വരും ചെല്ലു എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഇവിടെ ഈ ചർച്ചയൊക്കെ ശ്രദ്ധിക്കുന്ന ചിലർ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സ്വാമി ഒരു ധ്യാന വിരോധിയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു അപവാദം ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ കുറിച്ച് വാസ്തവത്തിൽ അതെല്ലാം ഞാൻ ധ്യാനവിരോധിയല്ല മറിച്ച് ധ്യാനം എന്താണ് എന്ന് വിശദീകരിക്കുന്നേ ഉള്ളു അത് വിശദീകരിക്കുമ്പോഴും മനസ്സിലാകാതെ വരും എന്താണ് ധ്യാനം ആ സംശയം ഉണ്ടാകുന്നത് ഇതാണ് ഭക്ഷ്യകാരൻ ഈ ധ്യാനത്തെയും ജ്ഞാനത്തെയും രണ്ടായിത്തിരിക്കുന്നുണ്ട് പലതവണ അത് പറഞ്ഞതാണ് പക്ഷെ വീണ്ടും സംശയം ചോദിക്കുമ്പോൾ വിശദീകരിക്കാൻ കഴിഞ്ഞ ദിവസം നമ്മള് ചർച്ച ചെയ്ത മന്ത്ര ആത്മാവ ഒരു ശ്രോതവ്യ മന്ദവ്യാസിതവ്യ അവിടെ ഈ നിതിധ്യാസനം പറയുന്ന ശബ്ദമാണ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് നിധ്യാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ധ്യാനം ശരി ധ്യാനം തന്നെ ധ്യാനവും നടത്തു ദോഷമൊന്നുമില്ല ഭാഷകാരനോ അർത്ഥം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നിതിധ്യാസിതവ്യ നിശ്ചയേന ധ്യാതവ്യ എന്നാണ് ഭാഷകാരാർത്ഥം പറഞ്ഞിരിക്കുന്നത് നിശ്ചയപൂർവമായി ധ്യാനിക്കേണ്ടതാണ് പക്ഷെ അവിടെ ആണ് ചെറിയൊരു വ്യക്തത വേണ്ടി വരുന്നത് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കരുതുന്ന മാനസികാഭ്യാസം അല്ല ധ്യാനം അത് ശരിയോ തെറ്റോ അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുണ്ടായിരുന്ന നമ്മൾ ചെയ്യുന്ന അബദ്ധമാണോ സുബദ്ധമാണോ അതൊന്നുമില്ല ഞാൻ ചർച്ച ചെയ്തു അദ്വൈതത്തിൽ എന്താണതെന്നുള്ളതാണ് ചിന്ത ഭാഷകാരൻ പറയുന്നു എവിടെ എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെ എവിടെയെന്ന് എനിക്കിപ്പോൾ കൃത്യമായ ഓർമ്മയില്ല ഞാൻ എനിക്കത് പറയാൻ പറ്റത്തില്ല വയസ്സായതുകൊണ്ട് ഓർമ്മ ശക്തി കുറവാ ധ്യാനം ചിന്തനം ചിന്തനമാണ് അതും എന്താണ് എന്തുകൊണ്ട് അങ്ങനെ ഒരർത്ഥം പറയുന്നത് ചിന്തായ ചിന്ത അർത്ഥത്തിലുള്ള ധാതു ധ്യാന ശബ്ദം എന്ന് ഈ ചിന്ത എന്താണ് ചിന്ത രണ്ട് തരത്തിലും ഒന്ന് അറിവ് മറ്റൊന്ന് ഭാവന അവിടെയാണ് വേറെ ഇരിക്കുന്നത് അറിവും ഭാവനയും രണ്ടിനേ ചിന്ത എന്ന് പറയും അതില് അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഭാവനയാണ് ഖ്യാനം എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുക പലതരത്തിലും മനസ്സിലാക്കുക ഒരു തരത്തിൽ ഞാൻ പറയുന്നു ഇതിനെ സംബന്ധിച്ചാണ് ശ്രദ്ധിച്ച് കേട്ടവരാണ് സംശയം എന്നത് ഒന്നും പോഞ്ഞിട്ടുണ്ടല്ലോ കർത്തൃതന്ത്രവും വസ്തുതന്ത്രവും വേർതിരിച്ചിട്ടുണ്ട് ജ്ഞാനം വസ്തുതന്ത്രമാണ് ന്ത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ശ്രവണ മനനനിധ്യാസനങ്ങളെന്ന് പറയുമ്പോൾ അതെങ്ങനെ വസ്തുതന്ത്രമാവും അത് കർത്തൃതന്ത്രമാകത്തില്ലേ എന്ന് പറയുമ്പോൾ അത് ജ്ഞാനത്തിന്റെ വിശേഷണം അതിന് യോജിക്കുന്നുണ്ടോ ഇത് ഇതെങ്ങനെയാണ് ജ്ഞാനമാകുന്നത് തീർച്ചയായും ചിന്തിക്കുന്നവരൊക്കെ അങ്ങനെ ചോദിക്കാൻ പറ്റൂ അത് എന്തുകൊണ്ടാണ് ഈ ഇത് രണ്ടും വ്യക്തമാകാത്തോണ്ടാണ് ഇവിടെ നിതിധാസനം എന്ന് പറയുന്നത് ഭാവനയല്ല കാരണം അവിടെ തന്നെ ആത്മാവാര ദുഷ്ട ശ്രോതവ്യോ മന്ദവ്യോ നിതി മൈത്രിയും ഉപദേശിക്കുന്ന നിസാരകാര്യൻ അവിടെ തുടർന്ന് പറയുന്നു ഒരു മൈത്രേ ആത്മനഹേന ദർശന ശ്രവണേന മത്യ വിജ്ഞാന വീണ്ടും തന്നെ പറയുന്നു ആദ്യം നിധ്യാസനം എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത് പറയുന്നു വിജ്ഞാനേന എന്നാണ് നിധ്യാസനത്തിന്റെ അർത്ഥം വിജ്ഞാനം എന്നാണ് ശ്രുതി എന്ന പറയുന്നത് അല്ലാതെ നമ്മൾ വരുന്നത് പോലെയുള്ള ഭാവനയാണ് അത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി വ്യക്തമാക്തമാകാത്തതുകൊണ്ടായിരിക്കും ഈ ചോദ്യം കാരണം അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ രീതിയിലല്ല പറഞ്ഞത് ശ്രുത്വ മത്വ വിജ്ഞായ എന്നാണ് പറഞ്ഞത് അവിടെ പറയുന്നു വിജ്ഞാനാണ് സർവം വിധി ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ സുരേഷ് രാജാര്യരുടെ വാർത്തകമാണ് ഈ കാര്യത്തെ വളരെ വ്യക്തമാക്കുന്ന വാർത്തകാരണം എന്താണ് ഇതിന്റെ താല്പര്യം നിധിധ്യാസനം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിജ്ഞാനം എന്ന് പറഞ്ഞു പിന്നെ അനുവാക്യം എന്ന് പറയും രണ്ടാമത് പറഞ്ഞിരുന്നു മൈത്രേ അരൈവ ആത്മനഹ ദർശനേന ശ്രവണേന മത്യ വിജ്ഞാനേന സർവം വിജയം സ്യാദ് എന്നാണ് അവിടെ വളരെ വിശദീകരിച്ച് ഈ ഭാഗങ്ങളെ വാർത്തകാരൻ വ്യാഖ്യാനിക്കുന്നുണ്ട് അവിടെ പറയുന്നത് ഓരോ കാര്യങ്ങളും വിശദീകരിക്കും ദർശനം എന്താണ് ദർശനം ആത്മാവ് അരേ ദ്രഷ്ടവ്യ അതിന് രണ്ടാമത് ദർശനേന പിന്നീട് എന്താണോ മനനം എന്താണോ നിവ്യധ്യാസനം അതിന്റെ ഫലം എന്താണോ വളരെ വിശീകരിക്കുന്നുണ്ട് ആ വിശീകരിക്കുന്ന മുഴുവൻ ഭാഗങ്ങളും എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഓർമ്മ എന്തെങ്കിലും ആ പുസ്തകമില്ല എന്നാണ് ഓർമ്മയുള്ള ഭാഗം പറയാം അവിടെ പറയുന്ന ഒരു പ്രധാനമായി പറയുന്ന ഈ നിതിധ്യാസനത്തെക്കുറിച്ചാണ് ബാക്കിയുള്ളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് നിധ്യാസനത്തിലാണ് ആശയക്കുഴപ്പുള്ളത് ഭാവനയാണോ അതേ ജ്ഞാനമാണോ അവിടെ പറയുന്നു അപരായത്വ ബോധോഹി നിതിധ്യാസനം ഉച്ചയതേ എന്നാണ് നിധ്യാസനത്തെ കുറിച്ച് അപരായത്വ ബോധം അതാണ് നിധ്യാസനം അപരായത്വ ബോധം എന്ന് വെച്ചാൽ അപരങ്ങൾ എന്ന് പറയുന്ന ഏതാണ് ദർശനം ശ്രവണം മനനം ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ബോധം ആയത്തം വന്നു ചേർന്നത് അപരങ്ങളിൽ നിന്നും ആയത്തമായ വന്നുചേർന്ന അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ബോധം അതാണ് നിധ്യാസനം അപ്പൊ നിധ്യാസനം എന്തായി ഞാൻ അതവിടെ വിശദീകരിക്കുന്നതാണോ ദർശനം എന്ന് പറയുന്നത് ഒരാൾ ഇതെല്ലാം സുരേഷ് രാജ്യർ പറഞ്ഞാലും ഭക്ഷികാരം പറഞ്ഞാലും നമ്മളോടല്ല പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇത് വൈദികരോടാണ് പറയുന്നത് നമ്മൾ വൈദികരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടില്ലെങ്കിൽ അവരോടല്ല ഇപ്പോ വൈദികൻ എന്ന് പറഞ്ഞാലാണ് വേദാധ്യയനം ചെയ്ത് വേദാധ്യയനം ചെയ്യുമ്പോൾ തന്നെ പദപദാർത്ഥം ഞാൻ ഉണ്ടാകുമ്പോ ഒരാൾക്ക് സാമാന്യമായ ബോധമുണ്ടാകും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല സുരേഷ് രാജ ൾ ഭക്ഷ്യത്തെ വ്യാഖ്യാനിക്കുന്ന അതാണ് ദർശനം അസാമാന്യമായി ഉണ്ടാകുന്ന ബോധം ഇതിന് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾ ഗൃഹദാരണ്യ ഭാഷ്യത്തിന്റെ വാർത്തകൾ കൊടുത്ത് പരിശോധിച്ചു ആ ദർശനം അത് പറയുന്നു ആഗമത്തിൽ നിന്ന് പിന്നെ ആചാര്യന്റെ സഹായത്തോടു കൂടി ആഗമ ആഗമ ആചാരഭ്യാം ബാക്കി ഓർമ്മയില്ല ഒരു വാർത്തകമാണ് ആഗമ ആചാര്യന്മാരുടെ സഹായത്തോടുകൂടി ആ ശ്രുതിയുടെ താല്പര്യത്തെ നയിക്കുന്നതാണ് ശ്രവണം നിർമാനനം ആ ശ്രവണത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും മനസ്സിൽ വികല്പങ്ങളുണ്ടാകും ആ വികല്പങ്ങളെ പരിഹരിക്കുന്നു അത് പരിഹരിച്ചു കഴിയുമ്പോൾ നിധ്യാസനം അതാണ് ഭാഷ നിശ്ചയനാ അവിടെ നിശ്ചയം വരുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ചർച്ചയിൽ ഉപയോഗിക്കുന്ന നിശ്ചയം എന്നുള്ള വാക്കാണ് ആ വാക്ക് കിട്ടിയ ഇവിടെ നിന്നാണ് ഭാഷയത്തിൽ നിന്നും വാർത്തകത്തിൽ നിന്നാണ് ആ ശബ്ദം കിട്ടിയത് അതിന്റെ ഭാവന സൃഷ്ടമായ കാര്യങ്ങളൊന്നുമല്ല ആ നിശ്ചയം പറയുന്നു ആ നിശ്ചയരൂപത്തിലുള്ള ജ്ഞാനം അതാണ് നിധ്യാസനം അല്ല നമ്മൾ െന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഭാവന അത് രണ്ടും വ്യത്യാസം ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സന്ധ്യ മനസ്സേദാഹരണം ഭാഷകാരൻ പറയും യോഷാവ ഗോതമാഗ്നി നമ്മള് ചർച്ച ചെയ്തതാണ് അഗ്നി വിദ്യയിൽ സ്ത്രീയെ അഗ്നിയായി ധ്യാനിക്കുക ഉപാസനായ കൊണ്ട് നമ്മളത് കൂടുതൽ ചർച്ച ചെയ്തില്ലെന്നു ഉപാസനയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ആരും ഉപാസിക്കാൻ പോകുന്നില്ല അതുപോലെ അത് ഗ്രഹസ്ഥന്മാർക്ക് വേണ്ടിയുള്ളതാണ് അതുപാസിക്കത്തക്ക ഗ്രഹസ്ഥന്മാരും ഒന്നുമില്ല അപ്പൊ അതൊക്കെ ഭാവനയാണ് അല്ലെങ്കിൽ ധ്യാനമാണ് സ്ത്രീയെ അഗ്നിയായി ഭാവന ചെയ്യുക ഇതുതന്നെയാണ് ഭാഷ്യകാരൻ ബ്രഹ്മസൂത്രത്തിൽ ഉദാഹരണമായിട്ടെടുത്തിരിക്കുന്നത് അതാണ് ഭാവന എന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നത് അത് സ്ത്രീ അഗ്നിയാണോ അല്ല അഗ്നിയല്ലാത്ത സ്ത്രീല് അഗ്നി ഹോത്രത്തിൽ അഗ്നി ഭാവന ഞാൻ പറഞ്ഞിരിക്കുന്നു ഉപാസനയ്ക്ക് വേണ്ടി അതിൻ്റെ ഫലമെല്ലാം അവിടെ പറയുന്നുണ്ട് മുമ്പ് കഴിഞ്ഞുപോയ ഭാഗങ്ങളാണ് ഇത് ധ്യാനമാണ് അല്ലെങ്കിൽ സന്ധ്യ മനസ്സാധ്യായി സന്ധ്യാദേവത സന്ധ്യയ്ക്കൊരു ദേവതയുണ്ട് പകലിന് രാത്രിക്ക് സന്ധ്യയ്ക്കൊക്കെ ദേവതയുണ്ട് അങ്ങനെ ഒരു ദേവതയെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക നമ്മൾ വിഷ്ണുവിനെ ധ്യാനിക്കുന്നു ആ പാക ചൂടം ധ്യാനിക്കുന്നു ശിവനെ ധ്യാനിക്കുന്നു ഇതൊക്കെ ധ്യാനമാണ് കാരണം എന്താണ് അവിടെ മാനസികമായും ഭാവന അവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു ഭാവനയില്ല ഇതാണ് അപരായത്വ ബോധോഹീ നിധ്യാസ ബോധമാണ് നിശ്ചയം അതുകൊണ്ടാണ് സ്രോതും മന്ദം വിജ്ഞാതം ചേന്ന് ഭാഷകാരം പറയുന്നത് വിജ്ഞാനം എന്നാണ് അതിന് പറയുന്നത് രണ്ടും രണ്ടാണ് അപ്പൊ ധ്യാനം എന്ന് പറയുന്നത് അവിടെ വിശദീകരിച്ചു ബ്രഹ്മസൂത്രത്തിന്റെ ചർച്ച ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നാലാമത്തെ സൂത്രത്തിന്റെ ഭാഷത്തിലാണ് ആവശ്യം വരുന്നത് വി മാനസിക ക്രിയ എന്ന് പറഞ്ഞവിടെ തുടങ്ങുന്നുണ്ട് അത് മാനസക്രിയാണ് പക്ഷെ വൈലക്ഷണ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞവിടെ വിശദമായി ചർച്ച ചെയ്യുന്നു അവിടെ എന്താണ് ഉദാഹരണം പറയുന്നത് സ്ത്രീയെ അഗ്നിയായി ധ്യാനിക്കാൻ പറഞ്ഞു അറിയാം സ്ത്രീ അഗ്നി അല്ല എന്നാലും അങ്ങനെ ഭാവന ചെയ്യുന്നു എന്തുകൊണ്ട് അതിന് ഫലമുണ്ട് ഒരു ഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യമാണ് അത് ജ്ഞാനമല്ല അത് ഭാവനയാണ് അത് പുരുഷ തന്ത്രമാണ് എന്തുകൊണ്ട് പുരുഷ തന്ത്രം അതിന് ഭാഷകാരം പറഞ്ഞു അത് കടത്തും അകടത്തും അന്യഥാവാകടത്തും സഖ്യം നമുക്കങ്ങനെ ധ്യാനിക്കാം ധ്യാനിക്കാതിരിക്കാം ഇനി സ്ത്രീയെ മറ്റെന്തെങ്കിലും ആയിട്ട് ധ്യാനിക്കാം അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് നോക്കാം അങ്ങനെ പുരുഷാധീനം എന്ന് പറഞ്ഞാൽ എന്നുവെച്ച ജീവൻ അധീനം പുരുഷനൊന്നും കാണുന്നല്ല ജീവനാധീനമാണ് ആ ഭാവന പിന്നെ വേറൊന്നും പറയൂ എന്താണ് അത് വിധേയമാണ് എന്നും പറയും അത് വിധിച്ചിരിക്കുന്നു സന്ധ്യ ഉപാസീത എന്ന് പറയുമ്പോൾ ഒരു വിധിയാണ് അപ്പൊ ധ്യാനം എന്ന് പറയുന്നത് വിധിയാണ് പുരുഷൻ അധീനമാണ് എന്ന് പറയുന്നത് പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല അതിന് ഉദാഹരണം പറയുന്നു ജ്ഞാനം ഒന്നെന്താണ് അതിന്റെ പ്രത്യേകത അത് പ്രമാണജന്യമാണ് അതിനു ഭാഷകാരം പറയുന്ന ഉദാഹരണം എന്താണ് അഗ്നിയിൽ അഗ്നിബുദ്ധി സ്ത്രീയിൽ അഗ്നിബുദ്ധിയല്ല ഒരാൾ അഗ്നിയെ കാണുന്നു പ്രകാശത്തെ കാണുന്നു പ്രകാശം അഗ്നി എന്ന് അറിയുന്നു അവിടെ എന്താ സംഭവിക്കുന്നത് അയാളുടെ കണ്ണ് ചക്ഷിരിന്ദ്രിയം അപശയവുമായി ബന്ധപ്പെടുന്നു മനസ്സിന്റെ സാന്നിധ്യം വരുന്നു അല്ലെ പിന്നിൽ ആ ജീവൻ പ്രവർത്തിക്കുന്നു ഉടനെ ഇത് അഗ്നിയാണെന്നുള്ള ബോധം ഉണ്ടാവുന്നു ഇത് ഭാവന നമ്മളവിടെ ഭാവന ചെയ്യുകയാണ് അഗ്നിയെ കണ്ടതിന് ശേഷം അഗ്നി ഇത് അഗ്നിയാണെന്ന് ഭാവന ചെയ്യേണ്ട അഗ്നിയെ കണ്ടാൽ നമ്മൾ അഗ്നിന്ന് തന്നെ പുസ്തകത്തെ കണ്ടുകഴിഞ്ഞാൽ പേനയൊന്നും ധരിക്കുമില്ല മേശയൊന്നും ധരിക്കില്ല പുസ്തകത്തിൽ പുസ്തകം എന്ന് എന്തുകൊണ്ട് സ്റ്റക്ഷിരേന്ദ്രിയം എന്ന് പറയുന്ന പ്രമാണം അതിനെ ബോധിപ്പിക്കുന്നു ഇത് പുരുഷ തന്ത്രം അല്ലാന്നെന്തുകൊണ്ട് പറയുന്നത് ഇവിടെ ഇതിന്റെ പിന്നിലൊരു ജീവനില്ല എന്നുള്ള അർത്ഥത്തിലോ മനസ്സോ ഇന്ദ്രിയങ്ങളോ പ്രവർത്തിക്കുന്നില്ലെന്നോ അതിന് പ്രവർത്തിപ്പിക്കുന്ന ഒരാളില്ലെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല അതെല്ലാം അവിടെയുണ്ട് ജീവനുണ്ട് ജീവനുണ്ട് ചേർന്ന് മനസ്സ് പ്രവർത്തിക്കുന്നു ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്നു സംഭവിച്ചാലും ഇതിന്റെ പ്രത്യേകത എന്താണിത് വസ്തുവിനെ അപേക്ഷിച്ചുണ്ടാവുന്നു വസ്തു എങ്ങനെയോ അങ്ങനെ ഉണ്ടാകുന്നു പുസ്തകമാണ് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ പുസ്തകം എങ്ങനെയോ അങ്ങനെ ഞാൻ മറിച്ചുണ്ടാവുന്നുണ്ട് പുസ്തകത്തെക്കുറിച്ച് പുസ്തകമെന്നുള്ള ഞാനുണ്ടാകുന്നതിന് പുസ്തകം എന്ന് പറയുന്ന ആ വസ്തു ഒരു മുഖ്യ കാരണമായി പക്ഷേ സ്ത്രീയെ അഗ്നി എന്ന് ധ്യാനിക്കുന്നിടത്ത് സ്ത്രീക്കൊരു പങ്കുവുണ്ട് വസ്തുവിനെ അപേക്ഷിക്കുന്നു സ്ത്രീ അവിടെ നിരപരാധിയാണ് മറിച്ച് അവിടെ എന്താണ് വിധി വന്നു വിധി വന്ന് പുരുഷനും പ്രാധാന്യമാണ് എന്തുകൊണ്ട് അവനങ്ങനെ പട്ടാ ബലപൂർവമായി മനസ്സുകൊണ്ട് അവനങ്ങനെ ധ്യാനിക്കുകയാണ് പുരുഷൻ അഗ്നിയാണ് അവന് പുരുഷൻ അല്ല സ്ത്രീ അഗ്നിയാണ് അവൻ സ്ത്രീയെ അറിയാം അഗ്നിയെ അറിയാം രണ്ടും തമ്മിലുള്ള ഭേദജ്ഞാനവും ഉണ്ട് രണ്ടും രണ്ടാണെന്നും അറിയാം പക്ഷേ ഭേദം പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു ഭാവന ചെയ്യ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു അങ്ങനെ ഭാവന ചെയ്യുന്നു അപ്പോ ഇതാണ് വസ്തുതന്ത്രവും പുരുഷ തന്ത്രവും തമ്മിലുള്ള വ്യത്യാസം ഒരിടത്ത് വസ്തുവിൻ എങ്ങനെയോ അങ്ങനെ ഞാനോ ഉണ്ടാവും അതും പ്രമാണം കൊണ്ട് ഇത് കണ്ണുകൊണ്ട് കാണുന്ന വിഷയത്തിൽ മാത്രമല്ല ഒരാൾ പറയുന്നു ഇതവിടെ പുറത്തു വരാനിക്കുന്നു ശബ്ദം കേട്ടാണ് ഒരാൾ പറഞ്ഞു കേട്ടതാണ് അവിടെ ആന നിക്കുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് അറിവുണ്ടായി പുറത്ത ആനയുണ്ട് ഇത് ശബ്ദജന്യമായ ഞാൻ ശബ്ദമെന്ന് പറയും ഇവിടെ ഞാൻ ഭാവന ചെയ്തില്ല സങ്കല്പിച്ചില്ല ഒന്നും ചെയ്തില്ല ആ അറിവുണ്ടാകുന്നതിന് എന്റെ ഭാഗത്ത് പ്രത്യേകിച്ചുള്ള മാനസിക സങ്കല്പങ്ങളുടെയൊന്നും ആവശ്യങ്ങളൊന്നുമില്ലാതാണ് സ്ത്രീയെ അഗ്നിയായി ധ്യാനിക്കണമെങ്കിൽ എന്റെ സങ്കല്പം വേണം പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെയല്ല ഇവിടെ കേട്ടുകഴിഞ്ഞപ്പ് ഇവിടെ എന്റെ ഉള്ളിൽ ബോധം ഒരു ഭാവനയും കൂടാതെ ആനയെ ബോധമുണ്ടായി ഇത് പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന പ്രമാണമെന്ന് പറയും ഇന്ദ്രിയങ്ങളെ പ്രമാണങ്ങളെന്ന് പറയും അതുപോലെ ശബ്ദസ്പർശ രൂപ രസഗന്ധ ജ്ഞാനങ്ങളെല്ലാം ഉണ്ടാകുന്നിടത്ത് അല്ലെങ്കിൽ ഈ പ്രമാണങ്ങളിലൂടെ ഈ വിഷയ ജ്ഞാനങ്ങൾ ഉണ്ടാകുന്നിടത്ത് ഇന്ദ്രിയ വിഷയവുമായിട്ടുള്ള സംബന്ധം കൊണ്ട് ഉണ്ടാകുന്നതല്ല ജ്ഞാനം എന്തുകൊണ്ട് അവിടെയെല്ലാം വസ്തുവിനെ അപേക്ഷിക്കുന്നു പ്രമാണത്തിലൂടെ വസ്തു സ്വരൂപത്തെ അപേക്ഷിച്ച് ഒരു ജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ അതിന് അതെ ജ്ഞാനമെന്ന് നോക്കി പറയാൻ പറ്റും അങ്ങനെ അല്ലാതെ നമ്മുടെ ഭാവനയിലൂടെ ഒരു ജ്ഞാനം അത് വസ്തു സ്വരൂപത്തെ അപേക്ഷിക്കണമെന്നില്ല അപേക്ഷിക്കാതെ തന്നെ ഉണ്ടാകും കാരണം ശിവനെ ധ്യാനിക്കുന്നു എന്താ ശിവനെ മുമ്പിൽ കണ്ടുകൊണ്ടാണോ ധ്യാനിക്കുന്നത് പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യം എന്താണ് ശിവനെ കണ്ടിട്ടല്ല പക്ഷെ വസ്തു സ്വരൂപത്തെ അപേക്ഷിക്കാതെ മാനസികമായി തന്നെ ചില ഭാവനകൾ ചെയ്ത് അല്ലേ ശിവനെ ധ്യാനിക്കണമെങ്കിൽ എന്തു ചെയ്യണം ആദ്യം ശിവനെ ഭാവന ചെയ്യണം അല്ല ധ്യാനിക്കാൻ പറ്റും ആദ്യം ശിവന്റെ ജഡാമകുടവൽക്കലങ്ങളെല്ലാം ഉള്ള ആ രൂപത്തെ അതിനാദ്യം ഭാവന ചെയ്യുന്നു ഭാവന ചെയ്തിട്ട് ഏത് രൂപത്തെയാണോ ഭാവന ചെയ്തിരിക്കുന്നത് അതിനെ വീണ്ടും ഭാവന രണ്ടു കാര്യം അവിടെ നടക്കുന്നത് ശിവനെന്ന് പറയുന്ന വസ്തുവിനെ അപേക്ഷിച്ചല്ല ധ്യയത്തിന് ആദ്യം ഭാവന ചെയ്യുന്നു അതിനെ തുടർന്നുള്ള ഭാവന ഇത് അല്ല ഇവിടെ സംഭവിക്കുന്നു അവിടേക്ക് എന്ത് സംഭവിക്കുന്നു കാര്യങ്ങൾ ഒന്ന് പുരുഷന്റെ ഭാവനയ്ക്ക് അധീനമായി പോകുന്ന ധ്യാനം രണ്ടാമത് വൈദികമായ കാര്യങ്ങളെ സംബന്ധിച്ചോളം അത് വിധിക്കനുസരിച്ച് വിധിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യത്തില്ല വൈദികം ചെയ്യുന്ന വിധിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പുരുഷ തന്ത്രം എന്ന് പറയും അശ്വതി സംബന്ധിച്ചിടത്തോളം വസ്തു എങ്ങനെയോ അതനുസരിച്ച് പ്രമാണത്തിനനുസരിച്ച് ഞാനുണ്ടാകും ഇനി ഇവിടേക്ക് വരുമ്പോഴോ പറയുന്നത് ആത്മബോധത്തെ കുറിച്ച് പറയുന്നു ഇവിടെ എന്താണ് വസ്തു എങ്ങനെയോ അങ്ങനെ ബോധം വസ്തു എങ്ങനെ പറയുന്നു സദേവസ്വവും ഇതാണ് അതെന്താ സാധനം അത് പറയുന്നു ആത്മാ ഇവിടെ വസ്തു നിറയുന്ന സ്വസ്വരൂപം തന്നെ അന്യമായ ഒന്നല്ല ബാക്കി അഗ്നി അന്യമാണ് അഗ്നി അഗ്നി എന്നറിയുന്നിടത്തല്ല അന്യമായൊരു വിഷയത്തെ കുറിച്ചാണ് ആ വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ അങ്ങനെയല്ല വിഷയം സ്വരൂപമാണ് ആ സ്വരൂപത്തെ ബോധം ഉണ്ടാകുന്നത് അപ്പോ ഇതെങ്ങനെ വസ്തുവിനെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത് അതേ കർത്താവിനെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത് ഞാൻ ഇവിടെ വസ്തു സ്വരൂ സ്വരൂപമായതുകൊണ്ട് ജ്ഞാനമുണ്ടാകുന്ന വസ്തുവിനെ ആശ്രയിച്ചിട്ടുണ്ട് കർത്താവിനെ ആശ്രയിച്ചിട്ടുണ്ട് ഇവിടെ പരിശ്രമങ്ങളുണ്ടല്ലോ ഗുരുവിന്റെ അടുത്ത് പോകുന്നു വേദം പഠിക്കുന്നു പുരുഷൻ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ചിന്തിക്കുന്നു അപ്പോൾ ഇത് പുരുഷതന്ത്രമാകത്തില്ലേ അവിടെയാണ് രണ്ടും നമ്മുടെ വ്യത്യാസം അതായത് അഗ്നിയെ കാണുന്നിടത്തും പുരുഷന് പ്രയത്നമുണ്ട് പുരുഷൻ കണ്ണു തുറക്കണം കണ്ടുകൊണ്ട് അതിനെ നോക്കണം മനസ്സിൻ്റെ സാന്നിധ്യം ഇവിടെ വരണം ഇതെല്ലാം ഉണ്ടായ ഇത്തരത്തിലുള്ള പുരുഷവ്യാപാരമുണ്ട് പുരുഷവ്യാപാരമുണ്ടെങ്കിലും ജ്ഞാനം എങ്ങനെ പുരുഷതന്ത്രമല്ല വസ്തുതന്ത്രം അതുപോലെ ഇവിടെയും ആത്മജ്ഞാനത്തിന്റെ കാര്യത്തിനും പുരുഷവ്യാപാരത്തിനെന്ന് ശരിക്കുന്നു പുരുഷവ്യാപാരമുണ്ട് അതാണ് എണുശ്രവൺ മനനനിധ്യാസനം നിങ്ങളൊക്കെ പറയുന്നു അവിടെയെല്ലാം പുരുഷവ്യാപാരമുണ്ട് പുരുഷവ്യാപാരം ഉണ്ടെങ്കിലും രണ്ടിടത്തുമുണ്ട് ഇത് വസ്തുതന്ത്രയും എന്തുകൊണ്ട് സ്വരൂപം എങ്ങനെയോ ഇല്ലാത്ത ഒന്നിനെ ബോധിപ്പിക്കുകയല്ല സ്ത്രീ അഗ്നിയെന്ന് പറഞ്ഞതുപോലെ സ്ത്രീ അഗ്നി അല്ലെങ്കിലും അല്ല ഇല്ലാത്ത ഒന്നിനെ ഇത് സത്യനെയാണ് ബോധിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ തന്നെ ഉള്ളതെന്നാണ് ചിത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണത് ബോധമെന്നാണ് അത് തന്നെ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ശ്രുതി ആ ബോധം അതിനാണ് ആത്മബോധം എന്ന് പറയുന്നത് ആ സ്വരൂപബോധം അത് വസ്തുവിനനുസരിച്ചായതുകൊണ്ട് എന്താണോ സ്വരൂപം അതിനനുസരിച്ചായതുകൊണ്ട് അതിന് വസ്തുതന്ത്രം എന്ന് പറയുന്നത് കർത്തൃതന്ത്രം അല്ല അപ്പോൾ ആ ബോധം ധ്യാനിച്ചല്ലേ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ഉണ്ടാകുമ്പോൾ ഭാവന ചെയ്തല്ലേ ഉണ്ടാകത്തുള്ളു അല്ല കാരണം ഇത് അതാണ് ദർശനം എന്നാദ്യം പറഞ്ഞത് അതേ മൈത്രി അസ്യാത്മന ദർശനേന ശ്രവണേന മത്യ മനനേന വിജ്ഞാനേന എന്ന് പറഞ്ഞതാണ് ഒരുവൻ വേദം ശ്രവിക്കുമ്പോ തന്നെ അതായത് ശ്രവണത്തിന് മുമ്പ് തന്നെ അവനാജ്ഞാനം ഉണ്ടാകുന്നു അത് മാത്രമല്ല പറയുന്നു സുരേഷ് രാജാര്യന് പറയുന്ന അനുസരിച്ച് ഈ ജ്ഞാനം എന്താണ് ആത്മസ്ഫുരണം അത് സർവരിലും ഉള്ളതാ ആർക്കാണ് ആത്മബോധമില്ലാത്തത് തന്നെ കുറിച്ച് ബോധമില്ലാത്ത ആർക്കാണ് ബോധമില്ലാത്ത ആരാ ബോധം സെർവരിലുമുണ്ട് പിന്നെന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം വന്നത് ദർശനം കഴിഞ്ഞ് പിന്നെ ഒരു ശ്രവണം പിന്നെ ഒരു മനനം പിന്നെ ഒരു നിധ്യാസനം നിത്യാസനം എന്നൊരു വിശേഷിച്ചൊരു ബോധം അവിടെ നമ്മൾ അതാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് അജ്ഞാന സംശയ വിപര്യങ്ങൾ അതിനെ ആവരണം ചെയ്യുന്നു സൂര്യന മേഘങ്ങൾ ആഭരണം ചെയ്യുന്നു എന്നും മറ്റും പറയുന്നുണ്ട് അജ്ഞാനം ഉണ്ടായിട്ടും അതിനെ ആഭരണം ചെയ്യുന്നു അഹമഹമെന്ന് ആത്മാവ് സദാസ്മുരിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മസ്മരണം തന്നെയായിരുന്നു എന്താനും അത് ശരീരത്തിലേക്ക് വന്നു അത് ശരീരബോധമായി മാറുന്നു പ്രപഞ്ചബോധമായി മാറുന്നു അതിന്റെ ഒരു ശുദ്ധീകരണമെന്ന് വേണമെങ്കിൽ പറയാം അതിന് ശാസ്ത്രീയമായ ഭാഷയിൽ പറയാ അസംഭാവന വിപരീത ഭാവന ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറ്റുക എന്ന സാങ്കേതിക ശബ്ദങ്ങൾ കഴിയുന്നതും ഉപയോഗിക്കാറില്ല പ്രധാന കാരണം ഓർമ്മയില്ലാത്തതിന് രണ്ടാമത്തെ കാരണം സംസ്കൃതം പഠിച്ചിട്ടില്ലാത്തവരെ സംസ്കൃതം പറഞ്ഞതിനെ പേടിപ്പിക്കുന്നു വിവരമുള്ളവരടുത്ത് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട് ഇല്ലാത്തവരടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലെങ്കിലും അത് പരിശ്രമിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ ശരി ആ ഭാഷയിലൊക്കെ അത് പറയാം പറഞ്ഞാൽ ഗ്രഹിക്കും അല്ലാത്തവരുടെ പ്രമാണങ്ങളൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം വാർത്തകാരം പറഞ്ഞു ഭാഷകാരം പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇത് കേൾക്കാത്തവരിത്തും അപ്പൊ അതിന്റെ ആശയം മാത്രമേ നമ്മൾ പറയുന്നു താല്പര്യത്തെ മാത്രം അപ്പൊ ആ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രവണമനന നിധ്യാസനങ്ങൾന്ന് പറയുന്നു അത് ജ്ഞാനം ചെ വിമീകുറുവൻ പറയും ആ ജ്ഞാനത്തെ വിമലമാക്കുക പരിശുദ്ധമാക്കുക പല ഭാഷകളിൽ പറയുന്നു അതിനെ വിമലമാക്കുന്നതിനെ പരിശുദ്ധമാക്കുക അത്രേയുള്ളൂ അല്ലാതെ നമ്മൾ ഭാവന ചെയ്തൊരു ജ്ഞാനത്തെ ഉണ്ടാക്കുന്നില്ല ഇതദ്വൈതം ആത്മ സാക്ഷാത്കാരത്തെ കുറിച്ചോ എല്ലാവർക്കും ഇങ്ങനെ അഭിപ്രായമില്ല ചിലർ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെ ഭാവന ചെയ്യണം ഭാവന ചെയ്താൽ അങ്ങനെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ല അങ്ങനെ ഉണ്ടാകാം ഇവിടെ പറയുന്നത് അദ്വൈതം ഭക്ഷ്യകാരൻ വിശദീകരിക്കുന്ന അദ്വൈതം അവിടെ ഇതിന് രണ്ടും രണ്ടായിട്ട് പറയും അതിന് വീണ്ടും സംശയങ്ങൾ വരാം ആത്മാവ് മന്ദവീതി വിധിയല്ലേ സന്ധ്യ മനസാധ്യായു എന്ന് പറയുന്ന പോലെ വിധിയല്ലേ അപ്പൊ വിധിയായതുകൊണ്ട് ഇതും വിധിക്കുന്നു നീ ചെയ്യണം അപ്പോ ഇവിടെയും ഭാവന വേണ്ടി വരുന്നില്ലേ അപ്പൊ ഇതും പുരുഷതന്ത്രമാകത്തില്ല അതിനൊക്കെ അവിടെ ഭാഷകാരൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താണ് വിധിയല്ല അതെല്ലാം ബഹിർമുഖമായിരിക്കുന്ന മനസ്സിനെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാം അല്ലെങ്കിൽ ുള്ളിൽ സദാപ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഈ അധുപ്രകാശത്തിന് തടസ്സം നീക്കുന്ന അജ്ഞാനമെന്നോ മായയെന്നോ അവിദ്യയെന്നോ പ്രകൃതിയെന്നോ ഈ പേരുകളിലെല്ലാം പറയും മോഹമെന്നോ ഇതിന് നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതെല്ലാം അതിൽ നിന്നെല്ലാം മാറ്റി അന്ധക്കരണത്തെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ജ്ഞാനം എന്ന് പറയുന്ന ഒന്നുണ്ട് അതില്ല എന്ന് പറയുന്നത് ആ ജ്ഞാനത്തെയാണ് ശ്രുതി പറയും എന്താ ജ്ഞാനം അതാണ് പറയുന്നത് തത്വം മസി ഇതാണ് ജ്ഞാനം ഏകമേവാതാണ് ആത്മീയവേദം സർവം ഭൂമ അടുത്ത് പറയും അതാണ് ജ്ഞാനം അത് ശ്രുതി സ്വസ്വരൂപത്തെ കുറിച്ച് ബോധിപ്പിക്കുന്നതാണ് ആരവ് വസ്തുവിനുസരിച്ചിട്ടാണ് ആരവ് അത നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചിട്ടുണ്ട് ഭാവനയ്ക്കനുസരിച്ച് ഇതൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഉണ്ടാകുമെന്നും ഇല്ല എന്നൊക്കെ ഉള്ള ഭക്ഷണമുണ്ട് അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല ഇവിടെയൊക്കെ എന്താണ് ഭാഷ്യകാരൻ നേരിട്ട് ബോധിപ്പിക്കുന്നത് ആ തത്വജ്ഞാനം ആ തത്വജ്ഞാനത്തിന്റെ അപരോക്ഷത എന്താണ് അത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മൾ ഭാവന ചെയ്യുന്നതോ അല്ല അതുകൊണ്ടാണ് അവിടെ ദുഷ്ടവ്യ സ്രോതവ്യം മന്ദവ്യോ നിധ്യാസിതവ്യോ എന്ന് പറഞ്ഞിട്ട് അവിടെ അത് നിശ്ചയം ജ്ഞാനം എന്ന് പറഞ്ഞത് മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാവനാരൂപത്തിലുള്ള ധ്യാനം അല്ല എന്ന് പറഞ്ഞത് ഇത് രണ്ടും കൂടി ഇപ്പൊ പറയുന്ന മനനവും ഭാവനയും കൂടി ഒരുമിച്ച് സാധിക്കത്തില്ല ഇവിടെ പറയുന്ന നിധ്യാസനം എന്ന് പറയുന്നത് മനനഫലമാണ് പിന്നെ ആ നിധ്യാസനത്തെ ജ്ഞാനം എന്ന് പറയുന്നത് അതില് ഈ പറയുന്ന ദോഷങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ടാണ് അപരായത്ത ബോധം എന്നതന്നെ വാർത്തകാരൻ പറയുന്നത് ദോഷങ്ങളുണ്ടല്ലോ അത് നമുക്ക് അനുഭവമാണല്ലോ ഞാനജ്ഞനാണ് എനിക്ക് സംശയമുണ്ട് എനിക്ക് പലതരത്തിലുള്ള ഭ്രമവും ഈ തത്വത്തിലുണ്ട് ഇതൊക്കെ എന്റെ സ്വയം അനുഭവമാണ് അനുഭവമിട്ടുള്ള കാര്യം ചർച്ച ചെയ്തത് അപ്പൊ അത് മാറി വരുന്നതായിട്ടും അനുഭവമുണ്ട് ശ്രവണമനനീധ്യാസനങ്ങളിലൂടെ ഈ ബോധം തെളിയുന്നതായിട്ടും അനുഭവമുണ്ട് സംശയങ്ങൾ ഓരോന്നോരോന്നായി ദൂരീകരിക്കുന്നതായിട്ട് അനുഭവമുണ്ട് അതിൽ വരുന്ന നിഷ്ഠ അതും അനുഭവത്തിൽപ്പെടുന്ന കാര്യമാണ് അതിലനുഭവമില്ലാത്ത കാര്യമല്ല ആർക്കാണോ ഇതിൽ നിഷ്ഠയുള്ളത് അവർക്കത് അനുഭവമാണ് അത് എനിക്കുള്ള അനുഭവം വേറെ ആർക്കില്ലാത്ത അനുഭവം ഒന്നും ഉണ്ടല്ലോ ആത്മജ്ഞാനി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൊമ്പുള്ള ആളൊന്നുമല്ല സർവർക്കുമുള്ള അനുഭവം തന്നെയാണ് ആത്മജ്ഞാനിയുടെ അനുഭവം നല്ല അനുഭവം ഇത് മാറുന്നതും അനുഭവമാണ് അത് മനനം വിചാരം ശ്രവണ മനനം അപ്പൊ ഈ ശ്രവണമനന നിധ്യാസനങ്ങളിൽ ജ്ഞാനം അനുസ്യതമായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഭാഷകരമായ വ്യാഖ്യാനിക്കും പറയും ഇത് മൂന്നും കൂടി ഏകമായി ചേർന്നിട്ട് ശ്രവണമനന നിധ്യാസനങ്ങൾ മൂന്നും ഒന്നായി ചേർന്നിട്ടാണ് ഏകീഭൂത്വാന്നോ ഏകീഭൂ ഭൂയാന്നോ എന്തോ എന്നിട്ടാണ് ആ വാചകം ഞാൻ ഓർക്കുന്നില്ല താല്പര്യതാണ് ആ ഭാഷയെടുത്ത് നോക്കുക ഇത് മൂന്നും ഒന്ന് ചേർന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മൂന്നും ജ്ഞാനമാണ് ദർശന ശ്രവണമന നിധ്യാസനങ്ങളല്ല ജ്ഞാനമാണ് എന്നാലും വാർത്തകാരൻ പറയും അപരായത്ത ബോധം ഈ നിധ്യാസനം എന്ന് പറയുന്നൊരു എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം ശ്രവണമനനങ്ങൾ കൊണ്ട് അതിനുള്ള ദോഷങ്ങൾ മാറി വരുന്നു അത് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അതിന് പേരെടുത്ത് പറയും ദൃഢാപരോക്ഷം എന്ന് പറയും ഇതിനൊരു ഫലമുണ്ടെന്നോ അതുകൊണ്ട് പറയും ഇതിന് സാധന എന്ന് പറയും ജ്ഞാന സാധനയാണല്ലോ ഇതിൻ്റെ ഫലമായി വരുന്നത് എന്താണ് ആത്മജ്ഞാനം എന്ന് പറയും അതെന്താ ഇതിന്റെ ഫലമായി ഇനി ആത്മജ്ഞാനം അപ്പൊ അത് ആത്മജ്ഞാനം എന്ന് പറയുന്നതാണ് ീ ദോഷങ്ങളെ ദൂരീകരിക്കുക അതാണ് ഇതിന്റെ ഫലമായി സംഭവിക്കുന്നത് അല്ലാതെ ആത്മാവ് ദവ്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കാണാനും നോക്കത്തില്ല അപരോക്ഷത എന്താണെന്ന് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു അത് ഇതിലുള്ള അജ്ഞാനാദി ദോഷങ്ങൾ മാറുക ആ മാറുന്നതിനനുസരിച്ചാണ് നിധ്യാസനത്തിന്റെ തെളിവ് എന്നത് അവിടെ ഒരു മാനസികമായ വ്യാപാരം നടക്കും അത് ഭക്ഷ്യകാരം അംഗീകരിക്കുന്നു ജ്ഞാനവും മാനസിക വ്യാപാരം തന്നെ അല്ലേ അഗ്നി അഗ്നി എന്നറിയുന്നതും മാനസിക വ്യാപാരം തന്നെ പക്ഷെ അതിന് ഭാവനയിൽ നിന്ന് വ്യത്യാസമുണ്ട് ഭാവന എന്ന് പറയുന്ന വസ്തുവിനെ അപേക്ഷിക്കാതെ നമ്മൾ ചെയ്യുകയാണ് ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ഇത് സ്വസ്വരൂപം തന്നെയാണ് ഇതിനപേക്ഷിക്കാതെ എന്ത് ചെയ്യണം അതൊന്നും അതിന്റെ ആവശ്യമില്ല നിങ്ങൾ ശിവലിംഗത്തെ മുമ്പ് വെച്ചുകൊണ്ട് ശിവനാണെന്ന് ധ്യാനിക്കുകയാണെങ്കിൽ എന്ത് വരുന്നു അവിടെ വസ്തുവിനെ അപേക്ഷിക്കാതെയുണ്ട് നമുക്കറിയാം എന്തായിരിക്കുന്ന ശിവലിംഗം ഇത് കല്ലോ മണ്ണോ പ്ലാസ്റ്റിക്കോ ഒക്കെ ആയിരിക്കും ഇതല്ലെന്ന് ശരിക്കും ബോധമുണ്ട് എന്നാലും അവിടെ ഭാവനയു അതിന് ഫലമുണ്ടാവുന്നുണ്ട് അവിടെ മനനത്തെ അപേക്ഷിക്കുന്നില്ല ഇത് ഭാഷകാരൻ എടുത്തു പറയുന്നുണ്ട് ഭാവന മനനത്തെ അപേക്ഷിക്കുന്നില്ല ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ചിന്ത അപേക്ഷിക്കുന്നില്ല ഗുരു പറഞ്ഞു നീ കുരങ്ങിനെ ഭാവന ചെയ്യുക പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ശ്രദ്ധയാണ് അവനെ പ്രേരിപ്പിക്കുന്നത് ശ്രദ്ധയെന്നു വെച്ചാൽ അറിവല്ല വിശ്വാസം കുരങ്ങിനെ തന്നെ ഭാവന ചെയ്യുന്നു അവിടെ മനനത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ ശ്രുതി ആവശ്യപ്പെടുന്നു ചിന്തിക്കുക മനനം ചെയ്യുക അതാണ് നമ്മൾ ചെയ്യുന്നത് അത് ജ്ഞാനത്തെ വിട്ടിട്ടല്ല ജ്ഞാനത്ത് നിന്നുകൊണ്ട് തന്നെ മനനം ചെയ്യേണ്ടി വരും ഇതിവിടുത്തെ ഒരു ഗതികേടെന്ന് വേണമെങ്കിൽ പറയും സ്വയം ജ്ഞാനമായിരിക്കുക സ്വയം അപരോഷമായിരിക്കുക എന്നാലും വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുക ഈ ഗതികേടനെയാണ് ഭാഷകാരൻ പറയുന്നത് മായ അത് നമുക്ക് അംഗീകരിച്ചേ പക്ഷേ ഭക്ഷിക്കാരൻ തന്നെ പറയും അനുഭവ അവസാനത്വ ഇതിനൊരവസാനമുണ്ട് അനുഭവം എന്താണത് ഈ സംശയാദി ദോഷങ്ങൾ മാറുന്ന അവസ്ഥ അതുകൊണ്ട് ഇത് വസ്തുതന്ത്രമാണ് പുരുഷ തന്ത്രമല്ല ഭാവന പുരുഷ തന്ത്രമാണ് അത് പറയുന്നത് പോലെ ചെയ്താൽ മതി സ്ത്രീയെ സ്ത്രീയെ അഗ്നിയായിട്ടൊന്ന് ഭാവന ചെയ്താൽ മതി ഫലം ഉണ്ടാവും തീർച്ചയായിട്ടും ഭാവനയ്ക്കും ഫലമുണ്ട് അതുകൊണ്ട് ഞാൻ ധ്യാനത്തിന് വിരോധം പറയുന്നത് മറിച്ച് അദ്വൈതത്തിൽ ധ്യാനം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ആരും തെറ്റിദ്ധരിക്കരുത് ധ്യാനിക്കുന്നവരാലും ധ്യാനം മതിയാക്കി കളയരുത് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ആരും വഴിയാധാരമാകരുത് ഇത് അദ്വൈതത്തെ അങ്ങനെ തന്നെ പിന്നെ ആരും എന്നോട് ചോദിക്കരുത് അല്ല ഇന്നൊരു മഹാത്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ ഒരു മഹാത്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ആയിരുന്നു ദേവി ചോദിക്കരുത് കാരണം ആദ്യം ഈ മഹാത്മാക്കൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് ഉറപ്പു വരുത്തണം അത് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളീ ചർച്ച ഇത് ശരിയായി കഴിഞ്ഞാൽ ഈ മഹാത്മാക്കൾ പറഞ്ഞതും നമുക്ക് വ്യക്തമാവും അല്ലെങ്കിൽ പിന്നെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞല്ലേ മറ്റേ ആളിങ്ങനെ പറഞ്ഞല്ലേ പിന്നയാളിങ്ങനെ പറഞ്ഞല്ലേ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഭാഷയത്തെ ആശ്രയിക്കുന്നത് അത് വിശദമാക്കുന്നു അതിനാണ് ഭാഷയും പിന്നെ അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെ ഇത് വിശദമായി വിശദമായി പോകുന്നു അതുകൊണ്ട് ആ വിഷയത്തിലുള്ള സംശയം വേറെക്കുറെ പരിഹരിച്ചു വിശ്വസിക്കുന്നു പരിഹരിച്ചാൽ അത് നിധ്യാസനമായി അത് ജ്ഞാനമായി പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും മനനം തുടരുത് വേറെ വഴിയില്ല അതിലൂടെ ആത്മബോധത്തിലൂടെ അതാണ് നമ്മൾ പറഞ്ഞു വന്നത് അതിനിടയ്ക്ക് സംശയ നിവാരണത്തിലേക്ക് പോയി ആത്മബോധത്തിലൂടെ അത്തരത്തിലുള്ള ആത്മബോധത്തിലൂടെയുള്ള ശുഖനിവൃത്തി അതാണിപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നും മഹാത്മാക്കൾ പറയുന്ന ഒന്നാണ് ഭഗവത് ദൃശ്യ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതാണ് പറയുന്നുണ്ട് എന്താണ് പരമാർത്ഥം എന്താണ് പരമാർത്ഥത്തിൻ്റെ ഉപായം ഇതൊക്കെ കേട്ടു കഴിഞ്ഞാലും ആൾക്കാർ ഭാവനാലോകത്തെ സഞ്ചരിക്കും മറ്റു വഴിയെ സഞ്ചരിക്കും അതെന്താ മനസ്സിന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ മനസ്സിന്റെ ദോഷമെന്ന് വേണമെങ്കിൽ പറയാം ആധ്യാത്മികമായി പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനം ഭാവനാലോകത്തിലാണ് യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമുണ്ടാകും ഇവിടെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയുണ്ട് അദ്വൈതം എന്ന് പറയുന്നത് സ്വ അനുഭവമാണ് സർവരുടെ ഈ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത് ഇവിടെ ഭാവനയ്ക്ക് ഒരു സ്ഥാനമുണ്ട് ഇത് വസ്തുതന്ത്രമാണ് പുരുഷതന്ത്രമാണ് അത്രയും വ്യക്തമായ കാര്യമാണ് എന്നിരിക്കലും ഇവിടെ നാരദൻ തന്നെ പറയുന്നു ഇവിടുത്തെ വിദ്വാൻ നാരദൻ എന്ന് പറഞ്ഞാൽ വിദ്വാൻ നെടുക്കുന്നു നാരദ ആ വിദ്വാൻ പറയുന്നു എന്താണോ ഞാനിത് കേട്ടിട്ടുണ്ട് ഇതിനന്വേഷിച്ചിട്ടാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം പരതിയത് ഞാൻ അതിന് ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ജീവന്റെ സർവയത്നവും ദുഃഖ നിവൃത്തിക്ക് വേണ്ടിട്ടാണ് ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി ഇത് നമ്മൾ സാധാരണ പ്രസംഗങ്ങളിലെല്ലാം പറയുന്ന ദുഃഖം നിവൃത്തി തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നാരദ ഈ ശാസ്ത്രങ്ങളെയൊക്കെ സമീപിച്ച ദുഃഖം നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒട്ട് മനസ്സിലാകുകയും ചെയ്തു എന്താണോ ആത്മവി ആത്മബോധം ഉള്ളവൻ ദുഃഖത്തെ തരണം ചെയ്യുന്നു പക്ഷെ വീണ്ടും അവിടെ ആശയക്കുഴപ്പം എന്താണ് ഈ ആത്മബോധം അതെന്താണ് കർത്തൃതന്ത്രമാണോ അതേ വസ്തുതന്ത്രമാണോ അത് ഭാവനയാണോ എന്താണ് നിധ്യാസനം അത് ജ്ഞാനമാണോ ധ്യാനമാണോ ഇത്തരത്തിലൊക്കെയുള്ള ആശയക്കുഴപ്പം അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഫലമെന്തായി ഈ ആസനങ്ങളെല്ലാം ധരിച്ചിട്ടും ശോകം മാറുന്നില്ല ദുഃഖം മാറുന്നില്ല ഇനി ഞാൻ എനിക്ക് ദുഃഖമുണ്ടോ ഇല്ലയോ അതൊക്കെ മറ്റൊരു വിഷയമാണ് ഇവിടെ ഈ പറയുന്ന സന്ദർഭത്തിൽ ഇത് മനസ്സിലാകും മനസ്താപം അകൃതാർത്ഥ ബുദ്ധിദാം ഇതാണ് ഇവിടുത്തെ മനസ്താപം ഇതാണ് ഒന്ന് പോരാ എന്നുള്ളതൊരു തോന്നുന്നു അലം ബുദ്ധി വരുന്നില്ല ഭാഷ അലംബുദ്ധി ഇല്ല മതി എന്നൊരു തോന്നല് വരായി അതാണ് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നാ രണ്ടു കാര്യം നടക്കുന്ന മനുഷ്യന് തോന്നു തലബുദ്ധി നടന്നാൽ എന്താ എന്ന് തോന്നുന്നു അകൃതാർത്ഥതാന്ന് പറയുന്നു ഇതാണ് നാലദിനം പറ്റിയത് നടക്കേണ്ടത് രണ്ടു കാലാണെന്നറിയാം പക്ഷെ തലകുത്തി നടക്കാൻ നോക്കി അല്ലേ ഇവിടെ പറയുന്നെന്താണ് വിഷ്ണു സദൃശേഭ്യ മഹാത്മാക്കളെ ഒക്കെ ഞാൻ സമീപിച്ചിട്ടുണ്ട് അവരെ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കി ആത്മവിദ് ആത്മബോധമുണ്ടുഃഖത്തെ മറികടക്കുന്നു ഇത് അറിഞ്ഞു വേറെ പണിക്ക് പോയി അറിഞ്ഞെടുത്തതൊന്നില്ല ഇനിയെന്തോ അറിയാനുണ്ടെന്ന് വിചാരിച്ച് വേറെ അഭ്യാസങ്ങൾക്ക് പോയതാണ് അല്ലെങ്കിൽ പിന്നെ പോയി ഭൂതവിദ്യയും നക്ഷത്ര വിദ്യയും ഒക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ അത് ഭാവന അത് പുരുഷതന്ത്രം അങ്ങനെ അണഞ്ഞുതിരിഞ്ഞ് അപ്പോ എന്ത് വരും അ അനുഭവപ്പെടുന്നില്ല ഇനിയും നേടാനുണ്ട് അറിയാനുണ്ട് പലതും ചെയ്യാനുണ്ട് അങ്ങനെ ദുഃഖവും വരും അപൂർണതയിലുള്ള ദുഃഖം തന്നെ കുറിച്ചുള്ള അപൂർണത മനുഷ്യരുന്ന പൂർണ്ണമത അപൂർണത്വബോധമാണ് ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് അപൂർണത്വബോധം വന്നു കഴിഞ്ഞാൽ ദുഃഖം മനസ്താപം അകൃതാർത്ഥബുദ്ധിത ഇതാണ് നമ്മളെപ്പോഴും പറയുന്നത് ആത്മബോധത്തിന്റെ ഫലം എന്ന് പറയുന്നത് കൃതകൃത്യത അതാണ് അതിനാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിലുള്ള ഫലങ്ങളൊന്നും വരത്തില്ല ആകാശഗമനമോ ഭൂതഭാവി ജ്ഞാനമോ ഒന്നും ഇതുകൊണ്ടുണ്ടാകത്തില്ല അതുകൊണ്ടാണെങ്കിൽ നാരദം പഠിച്ച വിദ്യകളൊക്കെ പഠിക്കണം നക്ഷത്ര വിദ്യയും മറ്റും പഠിക്കണം പഠിച്ചാൽ പറ്റും ഭൂതം ഭാവി എന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ മുമ്പ് പഠിച്ചിരിക്കും അല്ലാതെ സാധിക്കത്തില്ല ഇതിൽ ഒരു ലാഭ്യമുള്ളൂ കൃതാർത്ഥ അത് ചെറിയ കാര്യം ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിന് നിസ്സാരമാക്കിക്കളു ആത്മവിത് വിതാസോഹം അനാത്മവിത്വ അതൊഴികെ ബാക്കിയെല്ലാ ബോധവും ഉണ്ട് ഹേ ഭഗവാമി അല്ലയോ ഭഗവാനെ അല്ലയോ മഹാത്മാവേ ഞാൻ ദുഃഖിക്കുന്നു അകൃതാർത്ഥ ബുദ്ധിയാ സന്തപ്യ വ്യക്തമായി പറയും ആ കൃതാർത്ഥത ഇല്ലായ്മ കൊണ്ട് അധന്യത അതില്ലാത്തതുകൊണ്ട് ഒറ്റ കാരണമുള്ള ദുഃഖം ദുഃഖത്തിന് ഉപായ അന്തരങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്താ പ്രയോജനം ആധ്യാത്മികവും ആദ്യ ഭൗതികവും ആദ്യ ഉപായങ്ങളുടെ പുറകെ നടന്നിട്ട് എന്താ കാര്യം അതൊക്കെ താത്കാലികമായ ഉണ്ടാവും അവിടെ നിൽക്കുന്നവൻ സംസാരത്തിൽ നിൽക്കുന്നവന് അത് പക്ഷെ ആത്യന്തികമായ ദുഃഖം നിവൃത്തി അത് സംഭവിക്കുന്നില്ല എന്നാ സന്ത അകൃതാർത്ഥ ബുദ്ധിമുട്ട് കൃതാർത്ഥത വരണം ഇത് ആത്മബോധത്തിന്റെ ഫലവും അതാണ് സർവദം മാം ശോകസാഗരം അന്തം ഭഗവാൻ താരയുതു എനിക്കിപ്പോ എപ്പോഴും ദുഃഖമാണ് നടക്കും ഒന്നുണ്ടെങ്കിൽ വേറെന്നോ അത് മാറി എന്നേക്കുമായി എന്നും എന്നിട്ട് ആത്മബോധത്തിലൂടെ എന്നെ ശരിയായി ബോധിപ്പിച്ച് തമ്മാ എന്നെ ശോകസ്യ ശോകസാഗരസ്യ ഇതെല്ലാം ചേർത്ത് പറയണേ ശോകസാഗരം ഒരു പ്രതിവിധി കൊണ്ടും ആത്യന്തികമായി നിവർത്തിക്കാത്ത ആ ുഃഖം അതിന്റെ പാരം അന്തം അതിന്റെ മറുതര അതാണ് സാറിന് പറഞ്ഞത് സംസാര സമുദ്രത്തിന്റെ മറുതര എന്നൊക്കെ പറയുന്നില്ല അതും പറയും ഭഗവാൻ താരയതോ ആചാര്യവാൻ വേദ എന്ന് പറഞ്ഞില്ല തരണം ചെയ്യിപ്പിക്കണം എന്നർത്ഥം അത് എന്താണ് ഗുരു മോഷമെടുത്ത് പാക്ക് ചെയ്ത് നമ്മൾ കയ്യിൽ തരും എന്നല്ല കൂടെ പറയുന്നു പിന്നെ അത് തല കൊച്ചിടുന്നുറങ്ങിയാൽ മതി അതല്ല പറയുന്നു താരേത്തു ഭാഷകാരം പറയും ഭാഷകാരം പറയുന്നു ആഗമം ആചാര്യൻ ആചാര്യവാക്യം തന്നെ ആഗമം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോന്നു എന്നാലും അതൊരാചാര്യനിലൂടെ വരുമ്പോ അത് ശ്രവണ മനന നിധ്യാസനത്തിനത് സഹായിത്തീരും ോക്ഷമായ ബോധത്തിനത് സഹാവമായി തീരുന്നുണ്ട് അവിടെ ആചാര്യം വന്നു എന്നുള്ള പ്രാധാന്യമാണ് ആത്മജ്ഞാനോ ഉടുപേലാണോ ഈ സംസാര സാഗരം എന്ന് പറഞ്ഞ് പേടിച്ചു വളരെ വലുതാണ് മറുകര കിടക്കാൻ പ്രയാസമുള്ളതാണ് പക്ഷെ ഒരു ഉടുപേര് ചെറിയ എന്താണ് പൊങ്ങുതടി അത് മതി ഗുരുവന് അതിന്റെ മറു മൃതരെയെത്തേം വലുതാണെങ്കിൽ ശരി അതിനും അത് സാധിക്കും അതിനുള്ള സാമർഥ്യവും അവന് കാറ്റും കോളുമൊക്കെ അനുകൂലമായിരുന്ന ഈശ്വരാനുഗ്രഹമെല്ലാം ഉണ്ടായാൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ ചെറിയൊരു പൊങ്ങുന്നടി ഈ സംസാര സാഗരത്തിന്റെ മാര്ഗര അതാണ് അതിന്റെ സ്ഥാനമേ ഉള്ളൂ ഈ ജ്ഞാനത്തിന് അതിൽ കവിഞ്ഞ സ്ഥാനമൊന്നുമില്ല ആ സാധനം പറയാറുണ്ട് നദി വള്ളത്തിന്റെ സ്ഥാനമേ ഉള്ളൂ ജ്ഞാനത്തിന് നദി കടന്നു കഴിഞ്ഞാൽ പിന്നെ വള്ളത്തിന്റെ ആവശ്യമില്ല അത് തണിയിൽ എടുക്കാറില്ല അതവിടെ ഉപേക്ഷിച്ചു പോകും അങ്ങനെ ഉപേക്ഷിക്കത്തക്കൊരു സാധനമാണ് സ്വയം ഉപേക്ഷിക്കപ്പെടുന്ന ഈ പറയുന്ന ജ്ഞാനം ആത്മജ്ഞാനം പക്ഷെ അതുകൊണ്ടെന്തോ കൃതാർത്ഥ ബുദ്ധിം ആപാതെയ്തു അതിന്റെ ഫലത്തെ പറയു ആത്മജ്ഞാനത്തിന്റെ ഫലം അജ്ഞാനം നിവൃത്തി അനുഭവം അനുഭവം എന്ന് പറയുന്നത് എന്താ ബ്രഹ്മത്തെ അനുഭവിക്കാൻ പറ്റത്തില്ലല്ലോ ആത്മാവിനെ ദർശിക്കണമെന്ന് പറഞ്ഞ് ദർശിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അത് രണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ദർശിച്ചു പുരുഷോ വേദ ഏതോ വാചോ എന്നിവിടെ തന്നെ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ എന്താ ദർശിക്കുന്നത് ഇത് ദർശിക്കാൻ പറ്റും എന്താണ് കൃതാർത്ഥത അത് മാത്രമല്ല അഭയം ദമേതു അഭയം അത് ദർശിക്കാൻ പറ്റും അതൊക്കെ ദർശിക്കാൻ പറ്റും ഇതിന്റെ ഫലത്തെ ദൃശിക്കാം അത് വാർത്തകാരൻ ശ്രീശ്വരാജ് സ്വാമി എന്താണ് ഫലശിരസ്കം വാർത്തക മുഴുവൻ ഞാൻ ഓർമ്മിക്കുന്നില്ല ഇത് ഫലശിരസ്കമാണ് ഈ വിദ്യാസിനത്തെ കുറിച്ച് പറയും പറയുന്ന ഈ ജ്ഞാനം ഫലമാകുന്ന ശിരസോടുകൂടിയതാണ് ഇതിനൊരു തലയുണ്ടെന്ന് അതാണ് ഈ ജ്ഞാനത്തിനതാണ് ഫലം എന്താണോ ഫലം ഇതൊക്കെയാണ് കൃതാർത്ഥത ഭയം കൊണ്ടല്ലേ ദുഃഖം വരുന്നു അഭയത്തിൽ പിന്നെ ദുഃഖം ഇവിടെ അത്തരത്തിലുള്ള ദുഃഖ നിവൃത്തിയാണ് ഇവിടെ പറയുന്നത് ദുഃഖം നിവൃത്തിയല്ലേ ലൗകികമായ ദുഃഖ ആത്മബോധം കൊണ്ടുവരുന്ന ദുഃഖ നിവൃത്തി വ്യത്യാസമുണ്ട് ഒരു പ്രധാനമായ വ്യത്യാസം ൌഹികമായ ദുഃഖ നിവർത്തി ദഖഖത്തെ ഒ ഒഴിവാക്കിയാലേ ദുഖനി നിവൃത്തി സംഭവിച്ചു ഇവിടെ ആത്മബോധം കൊണ്ടുള്ള ദുഃഖം നിവൃത്തിയിൽ ദുഖത്തെ ഒഴിവാക്കേണ്ട കാര്യമില്ല കംസരി ദുഃഖത്തെ ഉദ്ദേശിക്കുന്നവരാണ് ദുഃഖത്തെ ഒഴിവാക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ദുഃഖത്തെ ഒഴിവാക്കുന്നു ദുഃഖത്തെ ദേഷിച്ചാൽ ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കും ഉപായങ്ങൾ സ്വീകരിക്കും ആത്മബോധത്തിൽ അങ്ങനായില്ല അതുകൊണ്ടാണ് ചിലർക്ക് അവിടെ സംശയം ആത്മജ്ഞാനിക്ക് ദുഃഖമില്ലേ ആത്മജ്ഞാനിക്ക് ദുഃഖമില്ലെന്ന് പറയുന്നു അങ്ങനെ ആരോ സംശയം അവിടെ ദേഷ്യം കൊണ്ട് ദുഃഖത്തെ ഒഴിവാക്കിയിട്ടുള്ള ദുഃഖം ഉദാസീനോദാസീനോ ഗുണേറിയോനോ വിചാരി അതാണ് ആത്മജ്ഞാനത്തിൻ്റെ അതൊക്കെ വീതിയിൽ നമ്മൾ ചരിച്ചാണ് ദുഃഖം ദുഃഖമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ച് നമ്മളാരും വിഷമിക്കേണ്ട കാര്യമില്ല ആത്മജ്ഞാനിയെക്കുറിച്ച് വ്യവരാതിപ്പെടേണ്ട കാര്യമില്ല ആത്മജ്ഞാനി കരയുമോ ചിരിക്കുമോ ഇതെന്ന് ചിന്തിച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഉറക്കം കിടേണ്ട കാര്യമില്ല ആത്മജ്ഞാനിയുടെ കാര്യം മാനേജ് ചെയ്യുക ആത്മജ്ഞാനിക്ക് പറ്റും നമ്മൾ പോയി അവിടെ മാനേജറാവേണ്ട കാര്യമൊന്നുമില്ല അത് കൊണ്ട് അവിടെ ദുഃഖം ഉണ്ടോ ഇല്ലയോന്നുള്ളായിരുന്നു എന്നെ ഉദ്ദേശിച്ച അവിടെ ദുഃഖത്തെ നിവർത്തിപ്പിച്ചിട്ട് ദുഃഖത്തെ ഇല്ലാതാക്കിയിട്ട് പിന്നെ ദുഃഖം നിവർത്തിയല്ല മറിച്ച് ആത്മബോധത്തിൽ ദുഃഖവും ദുഃഖനിരാശവും തുല്യം തന്നെ അതിനവിടെ കൃതാർത്ഥത വരുന്നു പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ ദുഃഖത്തിന്റെ അപായത്തിന് വേണ്ടി പിന്നെ ശ്രമിക്കാത്തത് അവിടെ പിന്നെ ശ്രമമില്ല എന്ത് ദുഃഖമുണ്ട് അത് മാറ്റിക്കളയാ മഹാത്മാക്കളുടെ വ്യാധിയും മറ്റും പറയാറുണ്ടല്ലോ അവർക്ക് വ്യാധികളും മറ്റും ശാരീരികമായ ദുഃഖം ആധ്യാത്മിക ദുഃഖം എന്നിട്ടും അവർ ദുഃഖം നിവർത്തലാണ് അവർ നിലവിളിച്ചു കരഞ്ഞു എന്നിട്ട് ദുഃഖം നിവൃത്തരാണ് എന്തുകൊണ്ട് അഭയം കൃതാർത്ഥത അതാണ് അതെന്തെങ്കിലും മാജിക്കോ എന്തെങ്കിലും സിദ്ധിയോ ഒന്നുമല്ല അതിനുള്ള കൃതാർത്ഥത അത് ദുഃഖ നിവൃത്തിയെ സംബന്ധിച്ച് വിശേഷിച്ച് ധരിക്കേണ്ട ഒരു കാര്യം അഭയം ഗമയത്തി അങ്ങനെ പറഞ്ഞ് വിദ്വാനോട് ഗുരു പറയുന്നു ഒരുപാട് നിന്റെ തെളിക്കകത്ത് കയറ്റിവെച്ചിട്ടുണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഒരുപാടുണ്ട് അധ്യയന തന്നുപലക്ഷ്യതേ ഒരുപാട് വിഷയങ്ങൾ ധരിച്ചു ഈ ധരിച്ചിരിക്കുന്ന മുഴുവൻ വരി ശബ്ദം അത് േദമായാലും ശരി ഉപനിഷത്തായാലും ശരി ഭാഷമായാലും ശരി കേവല ശബ്ദം മാത്രമാണ് ഈ ഗ്രഹിച്ചിരുന്നത് അത് ആത്മനിഷ്ഠമല്ലാതാകുകയാണെങ്കിൽ കേവല ശബ്ദം മാത്രം സ്വരൂപബോധം കൂടാതെയാണെങ്കിൽ അത് കേവലം ശബ്ദം മാത്രം അത് ശ്രവണമനന നിധ്യാസന രൂപത്തിലാണെങ്കിൽ ഇത് കേവലം ശബ്ദം മാത്രം അങ്ങനെ മറ്റുള്ള ശബ്ദങ്ങളുടെ കാര്യം പറയാനുണ്ടോ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ഉപാസിക്കുക വാചാരംഭണം വികാരവും നാമധേ ശ്രുദ്ദേഹ ശ്രുതി എന്ന് പറയുന്നത് എല്ലാം കേവലം വാഗാശ്രയമാണ് ഒരു ശബ്ദമാണ് അത് ചിലരൊക്കെ പറയാറുണ്ട് ഈ അദ്വൈതികൾ എന്താ പറയുന്നത് ഒരു ശബ്ദമല്ലേ കുറെ ശബ്ദം പറയുന്നു ഇതല്ലാതിൽ തിരിച്ചും മറിച്ചും പറയുന്നു ശബ്ദമല്ലാതിൽ എന്താണ് ശരിയാണ് ശബ്ദമാണെന്ന് അദ്വൈതിയുടെ പക്ഷമാണ് അത് എന്നിവിടെ പറയുന്നു നാരദൻ പറഞ്ഞല്ലോ ഞാൻ മുഴുവൻ പഠിച്ചു ഓപുൻഷത്തും പഠിച്ചിരിക്കണല്ലോ നാരദന് പറഞ്ഞല്ലോ തരതി ശോകം ആത്മവിദ് അറിഞ്ഞു പക്ഷെ എന്നാ ശബ്ദം ശബ്ദം തന്നെയാണ് എന്നുവെച്ചാൽ എന്താണോ അവിടെ അഖമുഖമായി ആത്മനിഷ്ഠമായി സ്വരൂപബോധം അതുണ്ടായിരുന്നു സംശയാദികൾ ഇല്ലാതായ ബോധം നിതിധ്യാസന രൂപത്തിലുള്ള ബോധം അല്ലെങ്കിൽ നിതിധ്യാസനത്തിന്റെ പൂർണ്ണതയിലുള്ള ആ ബോധം അതുണ്ടായില്ല അതുകൊണ്ട് പറയുന്നു അതൊക്കെ ശബ്ദാർത്ഥ രൂപത്തെ നിൽക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും അത് പറയുന്നത് ശബ്ദവും ശബ്ദാർത്ഥവുമല്ല രക്ഷണയാണ് എന്ന് പറയും ശബ്ദാർത്ഥത്തിനും അപ്പുറമുള്ള താല്പര്യമാണ് ആഗ്രഹിക്കേണ്ടതെന്ന് പറയുന്ന അതാണ് ഇവിടെ നിന്നും ശബ്ദാർത്ഥത്തിന്റെ തലത്തിൽ നിൽക്കുന്നത് പണ്ഡിതന്മാരെല്ലാം അങ്ങനെയാണ് അവര് ശബ്ദാർത്ഥത്തിന്റെ തലത്തിൽക്കും അതുകൊണ്ടാണ് പറയുന്നത് ഗ്രന്ഥത്തെ പിഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മബോധം ഉണ്ടാകത്തില്ല ശാസ്ത്രം ആത്മബോധത്തിൽ കൊടുക്കത്തില്ല എന്ന് പറയും ഒരാൾ സ്വാമി പറയുന്നതൊക്കെ ശരി പക്ഷേ അത് കേൾക്കുന്നതിന് ഞാൻ തയ്യാറല്ല എന്താ ഇത്ര വാശി തയ്യാറില്ല കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല എന്നുള്ള കാര്യം വേറെ എന്നാലും തയ്യാറല്ല എന്നൊരാള് പറയുമ്പോൾ എന്താ കാര്യം അത്രയും വാശിയോടെ പറയുന്നത് ശരിയാണ് പക്ഷെ ഞാൻ കേൾക്കാൻ തയ്യാറില്ല എന്ന് പറയുന്നു ഇത് കഥ പറയുന്നതല്ല ഒരാൾ എന്നോട് പറഞ്ഞു തന്നേരിട്ട് പറയുന്നത് കഴമ്പുള്ളതാണെന്ന് അറിയാവുന്ന ആളെ എന്നെ പറഞ്ഞു എന്താ കേൾക്കാതെ ഞാൻ കേൾക്കത്തില്ല വാശിയാണോ വാശിയാണോ നിർബന്ധമാണോ നിർബന്ധമായും കേൾക്കത്തില്ല എന്താ അതിന് കാരണം പറയുക അത് ഒരു മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു ശബ്ദമാണ് കേൾക്കുന്നതിലൊരു കഴമ്പൂല്ല ഏത് മഹാത്മാവ പറഞ്ഞത് ഇന്ന മഹാത്മാവ പറഞ്ഞത് ശരി എന്നാ ഇത് ആദ്യം പറഞ്ഞ മഹാത്മാവാരാണെന്ന് അറിയാമോ ഇല്ല ഇത് ആദ്യം പറഞ്ഞ മഹാത്മാവിന്റെ പേരാണ് ശങ്കരാചാര്യ ബാക്കി പറഞ്ഞതും ആ മഹാത്മാവിന്റെ ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണകാരണമെന്ന് പറഞ്ഞതും ആളിന്ന് ആള് തന്നെയാണ് പറയുന്നത് ശ്രവണമനീതിയാസനങ്ങൾ ആള് പറഞ്ഞ ഒന്നും അനുസരിക്കും മറ്റനുസരിക്കത്തില്ല ഇതിന് വിവരമെന്ന് പറയണോ വിവരക്കേടെന്ന് പറയണ നമ്മൾ പറഞ്ഞാൽ പോരാ പറഞ്ഞ ആള് തിരിച്ചറിയണം ഏതാണ് വിവരം ഏതാണ് വിവരക്കേടുന്നു മറ്റൊരാളുടെ വിവരവും വിവരക്കേടും വേറൊരാൾ അറിഞ്ഞിട്ട് എന്താ കാര്യം അവനവൻ തിരിച്ചറിയണ്ടേ രണ്ടും പറഞ്ഞിരിക്കുന്ന തന്നെ അത് കേട്ടു പറഞ്ഞതാണ് ബാക്കിയുള്ളവരെല്ലാരും അത് രമണമഹർഷിയെന്നും രാമകൃഷ്ണദേവനെന്നും ആരെ പറഞ്ഞാലും ശങ്കരാര്യർ പറഞ്ഞു കേട്ടു പറഞ്ഞവരല്ല അവര് ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണകാരണം രണ്ടും മനസ്സിലാക്കണം രണ്ടു തലവും മനസിലാക്കിയ പോലെ രണ്ടു തലവും ഉൾക്കൊള്ളണം നാരതലം ആ നിലയിലാണ് നിൽക്കുന്നു അതുകൊണ്ട് പറയുന്നെന്താണോ ശരി ഇതിനെ തന്നെ നാമവായർഗേദോ ഈ ജെർഗുയത ഇത്യാദി നാമേ വേദം ഇതെല്ലാം നാമം തന്നെ ഞാനും സമ്മതിക്കുന്നു ഗുരുവും പറയുന്നു എന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു ഇങ്ങനെ തർക്കമില്ലല്ലോ യോജിച്ച ആരെങ്കിലും ഏതൊരു അഭിപ്രായം പറയുമ്പോ അതിനോട് നമ്മളങ്ങ് യോജിച്ചാ മതി അവിടെ തർക്കം തീർന്നു നമ്മുടെ അഭിപ്രായം തന്നെ എന്റെ അഭിപ്രായം നാമോപാസ്വ ബ്രഹ്മേദി ബ്രഹ്മബുദ്ധിയ തർക്കാലം ഇതെല്ലാം ബ്രഹ്മം നീ ധരിക്കുക അത്രയെങ്കിലും ഏതുപോലെ മാടപ്പുത്തിനും ബ്രഹ്മെന്ന് പറഞ്ഞുകൊടുത്തില്ലേ അതുപോലെ അവരെ ഇത് തന്നെ ബ്രഹ്മ അതുകൊണ്ട് ഫലമുണ്ടാവും യഥാ പ്രതിമ വിഷ്ണു ബുദ്ധിയ ഉപാസ്യ തദ് വ്യക്തമാക്കുന്നു പ്രതിമയെ വച്ചിട്ട് പ്രതിമ വിഷ്ണു അല്ല കളിമണ്ണാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അതിനെ വിഷ്ണു എന്ന് പറഞ്ഞ് ഉപാസിക്കുന്നു ഫലമില്ലേ തീർച്ചയായും ഉണ്ട് സാക്ഷാത് വിഷ്ണുവിനെ തന്നെ അഭിമുഖീകരിക്കും അതുപോലെ എല്ലാമത്തന്നെയും ബ്രഹ്മം തുപാസിക്കുക തൽക്കാലം അത്രയും ചെയ്യുക എന്ന് പറയും